അവർ മുമ്പും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സത്യം വരികയും അള്ളാഹുസുബാനഹുവ ചായാലായായുടെ കൽപ്പന വെളിപ്പെടുകയും ചെയ്യുന്നതുവരെ അവർ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും നിങ്ങൾക്കു മുന്നിൽ അവതരിപ്പിച്ചു എന്നാൽ അവർ അത് വെറുക്കുകയായിരുന്നു